പതിനൊന്നാമത്തെ മന്ത്രം നദി വേദസിന്റെ വിദ്യാപ്രാപ്തിക്കുള്ള യോഗ്യത അതിനെ കുറിച്ച് തന്നെ പത്താമത്തിന്റെ അർത്ഥം സേവസിരി കർമ്മലം അനിത്യം ഇനി അനിത്യമാണെന്ന് അഹം ജാനാമി ഞാൻ അറിയുന്നു എന്തുകൊണ്ടെന്ന അദ്ദേഹി അനിത്യങ്ങളെ യ സ്ഥാപനങ്ങളെ കൊണ്ട് തദ്ധ്രുവം നിത്യമായ അത് ഇന്നത്രത്തിരി പ്രാപിക്കപ്പെടുന്നില്ല തത അതുകൊണ്ട് മഴ എന്നാൽ ി ജഗീ അലിറ്റ ഉണ്ടാകുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ിത ആനുഷ്ഠിക്കപ്പെട്ടു അതുകൊണ്ട് നിത്യം അപേക്ഷിത നിത്യമായ നിയമപദവി പ്രാപ്തവാൻ അസ് നേടിയിരിക്കുന്നു നജി കേത സ്ഥിര ഗുരു നമ്മുടെ നാചികേത എന്നാണ് ശരിയായിട്ടുള്ള പാർട്ട് നാചികേത നജി ചെയ്ത ഹ്രസ്വമായിട്ട് അവിടെ തിരികും ജീതാഗ് കാമസം ജഗത പ്രതിഷ്ഠ കൂരനന്ദ്യം കരാനന്ദ്യം അഭയസാരം സ്തോമം മഹത് ഉരുഗാൻ പ്രതിഷ്ഠാ ദൃഷ്ടൃ നപിസ്രാക്ഷീ കാ ആപി ജഗതോ ആനന്ദി अभय पारंमुय प्रतिष्ठा दृष्ट धृत्या धीर नचिकेत अतिस्राक्षी ഗത स्तोमं കത്തോടാനന്ദി അഭയസ്യ പാരം സ്ോമം മഹദുരുഗാ പ്രതിഷാ ദൃഷ്ട്വാൃത്തോണിക്േദ്യസ്രാക്ഷീ അത്രി കാ പരിസമാഗ്യ അധിഭൂത അതിഷ്ഠാശ്രയ സർവാൻ കാമസ കാമിന്യ ആദ്യ ും സമാപ്തി കാമത്തിന്റെ പരിസമാപ്തി അത്ര സർവീ കാസമാ ഇവിടെ സർവകാമങ്ങളും അവസാനിക്കുന്നു സർവകാമങ്ങളും നേടുന്ന ഇടം ഹിരണ്യഗർഭസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ് സർവകാമങ്ങളും അവിടെ പരിസമാപിക്കുന്നനുപതി ഒരു ജീവനെ നേടാൻ കാമ്യമായ വസ്തുക്കളൊന്നുമില്ല പരമാവധി ഐശ്വര്യങ്ങളെ കൊണ്ട് സർവ അഭീഷ്ടങ്ങൾ സാധിക്കുന്ന സ്ഥലമാണ് വിശദീകരിക്കുന്നു അത്ര പരിസമാപിക്കപ്പെട്ടിരിക്കുന്നു അത് മാത്രമല്ല ജഗത പ്രതിഷ്ഠ അടുത്ത് പറയുന്നു ജഗത ജഗത്ത് എന്ന് പറഞ്ഞാൽ അധ്യാത്മ അതിഭൂതം അഭി ദൈവാ അധ്യാത്മം അഭിഭൂതം അഭിദൈവം എന്നിങ്ങനെയുള്ള ആ ജഗത് ഈ രൂപത്തിലിരിക്കുന്ന ജഗത്ത് ജഗത്തിന് മുന്ന രൂപമുണ്ട് ഒന്ന് അധ്യാത്മം ഈ ശരീരം ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജഗത്ത് ആത്മനിധ്യാത്മം ആത്മ ഈ ശരീരം ആത്മനി ഈ ശരീരത്തിൽ നിലനിൽക്കുന്ന ജഗത്ത് അധ്യാത്മജം ഈ ശരീരത്തിലിരിക്കുന്ന ജഗത്ത് എന്ന് പറയുമ്പോൾ സ്ഥൂല സൂക്ഷ്മമായി ബന്ധപ്പെട്ടിരിക്കുന്ന ജഗത്ത് ശരീരത്തിൽ കാണുന്ന ശരീരം ഇതിൽ നിന്ന് വർദ്ധിക്കുന്ന സൂക്ഷ്മ ശരീരം ഇതിൽ നിന്ന് കാരണമായിരിക്കുന്ന കാരണശരീരം ഇത് അധ്യാത്മ ജഗത്താണ് ഇത് ശരീരത്തിന്റെ ആഹാരം ാദി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റൂര ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മീന്ദ്രിയങ്ങളും പ്രാണന്മാരും അന്ധകരണവും മനസ് ബുദ്ധി ചിത്ര അഹങ്കാരം ഈ രൂപത്തിലെ അന്ധകരണവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മജതത്തിൽ സർവവ്യാപിയായിരിക്കുന്ന സൂക്ഷ്മജത്വം അതിൽ അതിദൈവ അതിഭൂത ജഗത്തെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നോക്കുന്നതാണ് അധ്യാത്മമായ സൂക്ഷ്മ ജഗത്ത് അധ്യാത്മമായ സൂക്ഷ്മ ജഗത്ത് ഈ ബ്രഹ്മാണ്ടം തന്നെ അന്തർഭവിച്ചിരിക്കുകയാണ് ബ്രഹ്മാണ്ടം എന്ന് പറയുന്നതിലാണെങ്കിൽ വരുന്ന അതിഭൂതം അതിദൈവം ഇതോടെയും അതെല്ലാം ഈ അധ്യാത്മ സൂക്ഷ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നതാണ് അത്ര വിപുലമാണ് ഈ അധ്യാത്മ ജഗത്ത് സൂക്ഷ്മജഗത്ത് നീ ജഗത്തിന്റെ അനന്ത ഈ ഒന്ന് മനുഷ്യനെ വെളിപ്പെടാതിരിക്കുന്നത് ജീവനാർ വെളിപ്പെടാതിരിക്കുന്ന ഇതിന് കാരണമായിരിക്കുന്ന അജ്ഞാനാവരണ രൂപത്തിലുള്ള കർണ ജഗത്ത് ഇത് അധ്യാത്മ ജഗത് അധിഭൂതം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ ജഗത്ത് അനന്തമായിരിക്കുന്ന ജഗത്ത് സൂര്യചന്ദ്രാതിരൂപത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ജഗത്ത് അത് അധിഭൂതജത്താണ് ആ അധിഭൂത ജഗത്തിന്റെ ഒരംശമാണ് അധ്യാത്മ ജൈവത്തിന്റെ ഈ സ്ഥൂര ശരീരം അതിഭൂത ജൈവത്തിന്റെ ഒരു അംശം നമ്മളെ ഓരോ ജീവന്റെ ഈ ശരീരം ഒഴികെ ബാക്കി ബാഹ്യമായി കാണപ്പെടുന്ന സർവ സ്ഥൂലവും അതിഭൂതത്തിൽപ്പെടുന്നു അതിഭൂതജത്തിൽപ്പെടുന്നു അതുപോലെ സമഷ്ടി സൂക്ഷണം സമഷ്ടി കാട്ടം ഇതെല്ലാം അതിഭൂത ജോത്തിപ്പിടുന്നു ്രഹ്മാണ്ടം അതിദൈവ ജഗത്തിൽ ഓരോ നാമരൂപവും ചൈതന്യത്തിന്റെ ഉപാധികളാണ് എല്ലാ നാമരൂപങ്ങളും ഇവിടെ എന്ത് നാമമുണ്ടോ എന്ത് രൂപമുണ്ടോ അത് സർവ പരമാത്മ ചൈതന്യത്തിന്റെ ഉപാധികളാണ് ീ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് പ്രകാശിക്കുന്നതിന് പരമാത്മ തേജ് സർവ്വോപാധികളിലൂടെയും പ്രകടമായി കൊണ്ടിരിക്കണം പ്രകാശിച്ചോണ്ടിരിക്കണം സച്ചിദാനന്ദ രൂപത്തിൽ അതിങ്ങനെ പ്രകടമായി കൊണ്ടിരിക്കണം മുഖ്യമായിട്ടും സത്യത്വ രൂപങ്ങൾ പ്രകടമായി കൊണ്ടിരിക്കണം സർവ്വനാമ രൂപങ്ങളും അങ്ങനെ പ്രകടമാകുമ്പോ ാമത്തിനും രൂപത്തിനും ആധാരമായിരിക്കുന്ന ചൈതന്യ വിശേഷം അതിദൈവരൂപം എന്ന് പറയുന്നത് ഓരോ നാമത്തിനും രൂപത്തിനും ഒരു ചൈതന്യ വിശേഷം ആലംബമായിരിക്കുന്നു അത് അതിജൈവരൂപം എന്ന് പറയാം സാലിജി പറഞ്ഞാൽ എന്റെ ദേവതാരൂപം എന്ന് പറയാം അത് ഈ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന ഉപാധി ആ ചൈതന്യം ഉപാധിയായി ചെയ്യുമ്പോൾ ഒരു നാണചേന രൂപത്തിൽ ദേവതാഭാവം എന്ന് പറയുന്നത് അതും വൃഷ്ടി സമഷ്ടി ഭാവത്തിലിരിക്കുന്നു ഈ പ്രപഞ്ചത്തിന്റെ ഏത് ഘടകം കൊണ്ടോ അതിനെല്ലാം ഒരു ദേവതാഭാവമുണ്ട് ആ ദേവതാഭാവം എന്ന് പറയുന്ന ആ ഒരു ചൈതന്യം ആ വസ്തുവിനെ ഒരുപാധിയായി സ്വീകരിച്ചുകൊണ്ട് വസ്തു കൂടെ പ്രകാശിക്കുന്ന പ്രവർത്തിക്കുന്നു ആ വസ്തുവിന്റെ സ്വഭാവം അനുസരിച്ച് വസ്തു എന്ന് പറയുന്നത് രാജസ താമസ ഭാവത്തിലായിരിക്കും ഞങ്ങൾ മുന്നിന്റെ ആധിക്യത്തിലായിരിക്കും ആ വസ്തു ഒരു വസ്തുവിൽ കൂടെ ആ ചൈതന്യം ആ വസ്തുവിന്റെ ഗുണ ആധികൃമനുസരിച്ച് ആ ചൈതന്യത്തിന്റെ പ്രകടനത്തിന് ആവിർഭാവത്തിന് വ്യത്യാസം കിട്ടും അങ്ങനെ ദേവതാഭാവങ്ങൾക്കും വ്യത്യാസം കിട്ടും സാത്വികമായ ഭാവത്തിലൂടെ പ്രകാശിക്കുമ്പോൾ ഉപാധിസാത്വികമാണെങ്കിൽ നമ്മുടെ ചൈതന്യ പ്രാദുർഭാവം വളരെ ശക്തമായിരിക്കും അപ്പോൾ അതിനവർ ദേവതയായി സങ്കല്പിക്കുന്നു സർവസ്തുക്കളിലുണ്ട് ദേവം അതുകൊണ്ടാണ് ചില ആചാരങ്ങൾക്ക് എല്ലാത്തിനും ദേവതാ ഭാവം വരുന്നു വേദത്തിൽ തന്നെ സ്ഥിതിക്കുമ്പോ ചെറു വസ്തുക്കളെയും ദേവതയായി സങ്കല്പിച്ചുകൊണ്ട് സ്തുതി അത് ഈ പ്രപഞ്ചത്തിൽ ഉള്ള സ്വാഭാവികമായിട്ടുള്ള വസ്തുക്കൾ വൃക്ഷങ്ങൾ അലടകള് പക്ഷികള് മൃഗങ്ങൾ എല്ലാം ദേവതയായി സ്ഥിതിക്കും പാറകൾ ആസ്വദിക്കുന്ന ഭാഗങ്ങളുണ്ട് നദികളെ ആസ്വദിക്കുന്ന ഭാഗങ്ങളുണ്ട് ജടങ്ങളായിരിക്കുന്ന അവസ്ഥ നമുക്ക് ജഡോമെന്ന് തോന്നുന്ന വസ്തു പിന്നെ മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന അവസ്ഥ യാഗത്തിന് ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളും ഒരളവ് വലക്ക നെയ്യ് അത് പോരാൻ ഉപയോഗിക്കുന്ന പാത്രം പശുവിനെ കെട്ടാൻ ഉപയോഗിക്കുന്ന കുറ്റി നാടിനെ കണ്ടിക്കാൻ കയറി എന്നുവെച്ചാൽ ഓരോ പ്രപഞ്ചത്തിന്റെ അംശത്തിൽ അത് മനുഷ്യൻ സൃഷ്ടിച്ചാലും ശരി അതല്ല എന്താണോ ഓരോ ദേവതയെ പ്രതിനിധി ധാരണം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഓരോ ദേവതകളുടെ പ്രതീകങ്ങളാണ് എന്തുകൊണ്ട് ഇതെല്ലാം ആ പരമാത്മ ചൈതന്യത്തിന്റെ ഉപാധികളാണ് ഓരോന്നും ആ ഓരോ ഉപാധിയും ആശ്രയിച്ച് നിൽക്കുന്ന ആ ഭാവത്തിനെയാണ് ദേവത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ വസ്തുലും അതിഭൂതം അധ്യാത്മം അതിദൈവം പിന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളുണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കെല്ലാം സാധാരണഗതിയിൽ ഭൗതികമായ അന്വേഷണങ്ങൾക്കെല്ലാം വിധേയമായി കൊണ്ടിരിക്കുന്നതിന്റെ അധ്യാത്മ അതിഭൂതഭാവമാണ് അതിദൈവഭാവം എന്ന് പറയുന്നത് ബാഹ്യമായ സ്ഥൂലമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും അതിലൂടെ അന്വേഷിക്കാൻ പറ്റത്തില്ല അത്തരം നിഗമനങ്ങളിലൂടെ കണ്ടെത്താൻ പറ്റത്തില്ല അതാണ് ആതിദൈവ ഭാവം ദേവതാഭാവം എന്ന് ഉണമെങ്കിൽ പറയാം അപ്പൊ നമ്മൾ ഏതൊരു വസ്തുവിനെ സൃഷ്ടിച്ചാലും അതിനോട് അവിടെ ഒരു ദേവതയും നമ്മൾ സൃഷ്ടിക്കുകയാണ് അതിപ്പോ ഒരു കുടം ഉണ്ടാക്കിയിരിക്കട്ടെ കുടം ഉണ്ടാക്കിയാൽ ഉടൻ തന്നെ നമ്മളവിടെ ഒരു ദേവതയെ സൃഷ്ടിക്കും നമ്മളതിനെ ആരാധിക്കുന്നില്ലെന്നുള്ളത് അങ്ങനൊരു വിഗ്രഹത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഒരു ദേവതയും സൃഷ്ടിക്കപ്പെടും അവനെ നമ്മൾ ആരാധിക്കുന്നു ബാക്കിയുള്ള അടുത്ത് അതിനെ ആരാധിക്കുന്നില്ല എന്നുള്ള വ്യത്യാസമാണ് എല്ലായിടത്തും ഉണ്ടാവും ഒരു ചൂടാണ് ഉണ്ടാക്കുന്നെങ്കിലും ഉടനെ അവിടെ ഒരു ദേവതയെ കൂടെ സൃഷ്ടിച്ചിരിക്കുന്നു കാരണം അതിനെ ഉപാധിയായി പ്രകാശിക്കുന്ന ഒരു ചൈതന്യം ഉടനെ അവിടെ വായിക്കാനും അതുകൊണ്ട് നമ്മളെ സർവവസ്തുക്കളും പൂജിക്കുന്നു സംസ്ഥ അത് മറ്റൊരു വിഷയമാണ് സർവം പൂജ്യമായിരിക്കുന്നതുകൊണ്ട് നല്ല സർവത്തിലൂടെയും അത് നല്ലതോ നന്മയോ തിരുന്നേതായാലും സർവത്തിലൂടെയും ആ ദേവതാ ഭാവം പ്രകടമാകുന്നു എന്നാണ് തിരിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൂലും പൂജ്യമായ അതിലും ഉണ്ട് അങ്ങനെ സർവത്തിലും ആ ദേവതാഭാവം സർവ അതുകൊണ്ട് അത് ചെയ്യുന്നു അങ്ങനെ മൂന്ന് തരത്തിലാണ് പ്രവചിച്ചത് അതിനോട് പറഞ്ഞു സാധ്യാത്മ അഭിഭൂത അതിദൈവാദേവി പ്രതിഷ്ഠ ഈ രൂപത്തിലുള്ള ജഗത്തിന് പ്രതിഷ്ഠ ആശ്രയം ആയിരിക്കുന്നത് ആണ് ഈ പരമാത്മാവ് എന്തുകൊണ്ട് സർവാത്മകത്വ അത് സർവാത്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു സർവസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു സർവാത്മാ സർവത്തിന്റെയും ായി സർവത്തിന്റെയും യാഥാർത്ഥ്യമായി സർവത്തിന്റെയും സത്യമായി സർവത്തിന്റെയും ഉന്മയായി സ്ത്രീ ചെയ്യുന്നതാണ് സർവാത്മകം എന്ന് പറയുന്നത് ജഗത പ്രതിഷ്ഠ എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് ജഗത്തിന് ആശയമായിരിക്കുന്നു ക്രമോഹ ഉപാസനായ ഫലം ഉപാസനയിലെ ഫലമായിരിക്കുന്നു ഹരണ്ഗർഭം പദം ഉപാസനയിലെ പരവുമായ ഫലം അതാ ഹരണ്ഗർഭിരണ്ഗർഭസ്ഥാനമാണ് കർത്തോഹ ആനന്ദ്യം അനന്തിയം ആനന്ദ്യം അനന്ത്യം ആനന്ദ്യം എന്ന് പറഞ്ഞിരിക്കുന്നു അനന്തം തന്നെയാണ് ആനന്ദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആനന്ദം എന്നുള്ള അർത്ഥം എന്താ പറയുക അനന്തി എന്നുള്ളതാണ് ആനന്ദ്യം എന്ന് പറയുന്നത് രണ്ട് ഒന്ന് എന്നിതപാരം അഭയത്തിന്റെ അഭയരാഹിത്യത്തിന്റെ പാരം പരാ പരമായ നിഷ്ഠ പരവമായ അവസ്ഥ സ്ഥോമം ജീവനിൽ സഹകരമായിരിക്കുന്ന ഒന്നാണ് ഭയം ഭയത്തിന്റെ അടിസ്ഥാന കാരണം തന്റെ അസ്തിന്റെ അസ്തിന്റെ നാശത്തെക്കുറിച്ചുള്ള ചിന്തയാണ് മനുഷ്യന്റെ ഭയത്തിന് ഏറ്റവും അടിസ്ഥാനമായ കാരണം മനുഷ്യൻ ഭയക്കുന്നു സൂക്ഷ്മമായി നോക്കുമ്പോൾ ആ ഭയം എന്ന് പറയുന്നത് തന്റെ അസ്തിത്വത്തിന് തന്റെ ഉന്മക്ക് നാശ സംഭവിക്കുമോ എന്നുള്ള ചിന്തയാണ് ഏത് തരത്തിലുള്ള ഭയത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് പരമാത്മാവിനെ കുറിച്ച് പറയുന്നത് നല്ലത് അഭയ സ്വരൂപണ്ട് കാരണം അസ്തിത്വത്തിന്റെ നാശം അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഭയക്കുന്നു അതിനാണ് മായ എന്ന് പറയുന്നത് കാരണം നാശമില്ലാത്താണ് അസ്ത്വം എന്ന് പറയുന്നത് അസ്തിവശിക്കാത്ത അസ്തിരാൾക്ക് ബോധം ഉണ്ടെങ്കിൽ തന്റെ നാശമില്ലാതെ കുറിച്ചുള്ള ബോധമുണ്ടെന്നാണ് അതിനാണ് സത്വം സത്യം ഒരിക്കലും നശിക്കാൻ പറ്റത്തില്ല ഒരിക്കലും നശിക്കുന്ന സത്വം എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരാൾ അസ്തിത്വത്തെ അറിയുന്നുണ്ട് സത്യനെ ഉണ്മയറിയുന്നുണ്ട് സർവോത്ര പ്രപഞ്ചത്തിന് ഉണ്ണയെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ണ നിറഞ്ഞ നശിക്കാത്ത അപ്പൊ നശിക്കാത്ത ഉണ്മയെ അറിഞ്ഞുകൊണ്ട് അതിന്റെ നാശത്തെ ചിന്തിക്കുന്നു ഭയുണ്ടാകുന്നതാണ് പ്രമുഖ അപ്പൊ നശിക്കാത്ത ഒന്നിനെ മനസ്സിലാക്കിയിട്ട് അതിന്റെ നാശത്തെക്കുറിച്ച് ചിന്തിക്കുക ഇതിനാണ് മായ എന്ന് പറയുന്നത് അപ്പൊ എനിക്കൊരു സംഭവിക്കാത്ത ഒരു കാര്യമാണ് നമ്മളെ കല്പിക്കുന്നു അദ്ദേഹം നമുക്കു ഒരിക്കലും സംഭവിക്കാത്തതാണ് ജഗത്ത് ആ ജഗത്തിനെ കൽപ്പിക്കുന്ന ഒരിക്കലും ഈ രൂപത്തിൽ സംഭവിക്കാൻ സാധ്യയില്ലാത്ത നാമരൂപാത്മകമായ പ്രപഞ്ചം സച്ചിദാനന്ദ സ്വരൂപത്തിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല അങ്ങനെ സമാധാനമായ എന്നാലും സംഭവിച്ച അനുഭവപ്പെടുന്നു അവളുടെ അസ്തിത്വത്തിന്റെ നാശം ഒരിക്കലും അസ്തിത്വം എന്നൊരു ബോധം ഉണ്ടായതിന്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു ബോധം പാടില്ല പക്ഷെ ഒന്നാലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ആ ചിന്ത അസ്തിത്വം എന്ന് പറയുന്നത് എന്താണത് ഭയശൂന്യം നാശ്യശൂന്യമായ ഒന്നാണ് അതുകൊണ്ടുതന്നെ ഭയശൂന്യവുമാണ് അതുകൊണ്ടാണ് അഭയം എന്ന് പറയുന്നത് അഭയസ്റ്റ് പാഴം അഭയത്തിൽ ഭയത്താണ് ഞാനെന്ത് സമാനം പറയും ഇതൊരു വൈപരീത്യം അഭയസ്ഥ രൂപത്തിൽ തന്നെ വരും ഭയത്തതാണ് അഭയ ഭയത്തിന് യാതൊരു അവകാശമില്ലാത്ത സ്ഥാനമാണ് അവിടെ ഭയത്താണ് അപ്പൊ ഇതിന് പറയുന്നവരാണ് മായം എന്താണോ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ വിശദീകരിക്കാൻ സാധിക്കില്ല വിശദീകരണം എന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും വിശദീകരണം ഇല്ലാത്ത കാര്യത്തിലാണ് പറയുന്നത് മായ എന്നുള്ള പേര് വിശദീകരിക്കാൻ വയ്യ എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു അതുകൊണ്ടിങ്ങനെ അഭയസ്റ്റ് പാഠം ചെറിയ ഓർമ്മിപ്പിക്കുക ഇത് നമ്മൾ കരുതുന്നത് ഇത് ഭയക്കേണ്ട ഒന്നല്ല അഭയസ്ത രൂപമാണ് പരാനിഷ്ഠ അതിന്റെ പരമമായ അവസ്ഥയാണത് ഈ ആത്മാവ് തന്റെ സ്വരൂപം അപ്പോൾ അതിന്റെ നാശത്തെക്കുറിച്ചൊരാൾ ഭയപ്പെടുന്നത് ആ ഭയമാണ് നല്ലത് വളർന്ന് മരണഭയം വരെയുള്ളത് തൻ മരിക്കും തനിക്ക് മരണം സംഭവിക്കും നാശം സംഭവിക്കും എന്ന് ഭയകാത്ത ജീവന്മാരില്ല അത് ആ ജീവനില് മായ കുറയുന്നതനുസരിച്ച് ഭയം കുറഞ്ഞു താമസ കൂടുന്നതിനനുസരിച്ച് ഭയം കൂടി പക്ഷി മൃഗാദികളൊക്കെ അപേക്ഷിച്ച് മനുഷ്യന്റെ തമസ് കുറവാണ് അതുകൊണ്ട് മനുഷ്യന്റെ ഭയം കുറവാണ് പക്ഷി മൃഗങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഭയം കൂടുതലാണ് മനുഷ്യനത് എപ്പോഴും ഭയക്കുന്നത് തന്റെ നാശത്തെ കുറിച്ച് മനുഷ്യൻ കൂടുതൽ സംസ്കാരത്തിലാകുന്നതിനനുസരിച്ച് മരണത്തെക്കുറിച്ച് ഭയമാണ് കുറഞ്ഞുകൊണ്ടത് സാത്വിക ഭയം വരുന്നതിനനുസരിച്ച് പശ്ചിത്വത്തെ കുറിച്ചാണ് കൂടുതൽ ബോധം അത് ഭയത്തെ ഇല്ലാതാക്കും അഭയസ്ഥിര പാരമ്പരാം നിഷ്ഠാം സ്തോമം മഹത് സ്തോമം സ്തുതിക്കപ്പെടേണ്ടെന്നത് ലോകത്തിൽ സ്തുത്യമായിട്ട് എന്ന് മാത്രമേ ഉള്ളൂ പരമാത്മാവ് മറ്റേ എന്തിനെങ്കിലും ഇവിടെ സ്തുതിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് പരമാത്മാ ഭാവത്തിലായിരിക്കണം അതുകൊണ്ട് പറയുന്നത് സ്തുത്യമാണ് പ്പെടേണ്ടത് മഹത് അണിമാതി ഐശ്വര്യാദി അനേക ഗുണസമ്മതം അണിമാ തുടങ്ങിയ ഐശ്വര്യങ്ങൾ ഇങ്ങനെ അനേക ഗുണങ്ങളോട് കൂടിയ സർവജ്ഞത്വം സർവശക്തിത്വം തുടങ്ങിയ ഗുണങ്ങളോട് കൂടിയിരിക്കുന്നതാണ് ാണ് മഹത് എന്ന് പറഞ്ഞിരുന്നു മഹത് സ്തോമവും മഹത്വമാണ് സ്തുതിക്കപ്പെടേണ്ടുന്നതും മഹത്വമാണ് അത്മാ ദേശങ്ങളോടുകൂടിയിലും നിരതിശയത്വ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് അതാണ് നിരതിശയമാണ് ഇതുവരെ മാറ്റമൊന്നുമില്ല അസ്തോമ മഹത് ഒരു വിസ്തീർണാം ഗതിന്റെ അർത്ഥം പറയുന്നു അതിവിസ്തീർണമായ ഗതിയോടുകൂടിയാണ് ഗതി എന്ന് പറഞ്ഞ പ്രാപ്തിസ്ഥാനം സർവം വിനയിക്കുന്ന സ്ഥാനം അതാണ് ഗുരു ഗായം ഈ അനന്തമായ പ്രപഞ്ചത്തെ മുഴുവൻ വിനയിപ്പിക്കുന്ന സർവത്തെ ഉൾക്കൊള്ളുന്ന ഇടമുണ്ട് ഇവിടെ സർവത്തെ ഉൾക്കൊണ്ട് നിൽക്കുന്ന ആകാശമാണ് അതിവിപുലമായി ആകാശത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെയെല്ലാം തന്നെ നിലനിർത്തുന്നത് അതാണ് ഒരു കാര്യം നിസ്തീർണമായ ഗതിയോടുകൂടിയത് പ്രതിഷ്ഠ സ്ഥിതി സർവത്തിനും ആധാരമായിരിക്കുന്നത് സർവത്തിനും സ്ഥിതിയായിരിക്കുന്നത് ആത്മന അണുത്തമാമി ദൃഷ്ട പ്രതിഷ്ഠാൻ ദൃഷ്ട തനിക്കിൽ ലഭ്യമാകുമെന്നുള്ള ഏറ്റവും ശ്രേഷ്ഠമായ എല്ലാം കണ്ടിട്ടും ദൃഷ്ട കണ്ടിട്ടും ധൃത്യ ധൈര്യന ധൃതി ധൈര്യം കൊണ്ട് ധീര എന്ന ചികേത ധീര ധീമാൻ ബുദ്ധിമാൻ ബുദ്ധിമാനായതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ തനിക്ക് ലഭ്യമാകാവുന്ന സർവ സ്ഥാനങ്ങളും ലഭ്യമാണെന്നും കണ്ടിട്ടും ബുദ്ധിമാനായ നദിയെ അത്യസ്രാക്ഷി പരമേവ ആകാംക്ഷ പരമാത്മാവിനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് അതിസൃഷ്ടവാന് പരിപൂർണമായി തെജിച്ചുണ്ട് സംസാരഭോഗം ഈ സംസാരഭോഗങ്ങളെല്ലാം തന്നെ ത്യജിച്ചു സാധാരണ സംസാരത്തെ തിരിക്കുന്നതിനും ഈ സംസാരത്തിലുള്ള ദോഷങ്ങളെ ചിന്തിച്ചിട്ടാണ് ദുഃഖങ്ങളെ ചിന്തിച്ചിട്ടാണ് സംസാരത്തെ തിരിക്കുന്നത് അനിത്യമാണ് അസുഖമാണ് ക്ഷണികമാണെന്നൊക്കെയുള്ള ചിന്തകളുണ്ട് സ്ഥായി എല്ലാം കൊണ്ട് വേണ്ടാണ് ഉപേക്ഷിക്കുന്നത് ഇവിടെ നവീകരിസാണെങ്കിലോ ഹിമദേവൻ ഈ എല്ലാ സുഖഭോഗങ്ങളുടെയും പരവമായ അവസ്ഥയാണ് കാണിച്ചുകൊണ്ടത് സർവസുഖഭങ്ങൾ അത് ദുഃഖത്തെയാണ് കാണിച്ചു കൊടുത്തത് സുഖത്തെയാണ് കാണിച്ചു കൊടുക്കുന്നത് ദുഃഖം കണ്ടിട്ടാണ് മനുഷ്യന് വിരക്തി ഉണ്ടാവുന്നത് സുഖം കാണുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം ആസക്തി ഉണ്ടാവും സുഖത്തോളം നഴിക ദക്ഷണ സംബന്ധിടത്തോളം എന്താണ് ദുഃഖരഹിതമായ സുഖത്തെയാണ് കാണിച്ചു കൊടുത്തത് നമ്മുടെ അത്രയും വിപുലമായ സുഖത്തെ നേരിട്ട് പ്രത്യക്ഷമായി കണ്ടിട്ടും നഗീസിനെ സർവം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് സർവഭോഗങ്ങളെ ഉപേക്ഷിച്ചു നവീയസിന്റെ ആ വിവേകം ധീരൻ ധൃതി ധൈര്യം ആ ത്യാഗം എന്ന് പറയുന്ന ധൈര്യം കൊണ്ടേക്കും അത്യധികമായ മാനസിക സ്ഥൈര്യം ധൈര്യം എന്ന് വെച്ചാൽ ധൈര്യമാണ് മനസ്സിന്റെ സ്ഥൈര്യത്തിലും ധൈര്യം ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് ആശേഷ് ധീരത അതാണ് ധൈര്യം എന്ന് പറയുന്നത് അതിൽ തന്നെ പ്രലോഭനങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടും ആ പ്രമോഭനങ്ങളെ അതിനെ പറയുന്ന തരത്തിലുള്ള ദുഃഖവും നല്ല സുഖം തന്നെയാണ് ഉണ്ടിരിക്കുന്നത് എല്ലാ സുഖഭോഗങ്ങളും അപ്പൊ ദുഃഖം ൊണ്ട് ചെയ്യുന്ന അവസ്ഥയാണ് മഞ്ചേസിൻ അപ്പൊ അങ്ങനെ നിരന്തരം സുഖങ്ങളിലൂടെ പ്രലോഭിപ്പിച്ചിട്ട് ആ പ്രലോഭനങ്ങൾ വന്നിട്ടും മനസ്സ് എന്റെ സ്ഥൈര്യം വിട്ടില്ല സ്ഥിരത എനിക്കിതൊന്നും തന്നെ ആവശ്യം ആത്മലാഭമാണ് എന്ന് ഉറച്ചു വന്നു മനസ്സ് ഉദ്ധൃതി കൊണ്ട് ധൈര്യം കൊണ്ട് ആ സ്ഥിരത കൊണ്ട് അത്യസാക്ഷി ത്യാഗത്തിന് എപ്പോഴും വേണ്ടത് മനസ്സിന്റെ സ്ഥിരതയാണ് എന്നാണ് ആ സ്ഥിരത നഴുകിയ ഈ സേപോലുള്ള സ്ഥിരത ദുഃഖം വരുമ്പോൾ എല്ലാവർക്കും ത്യാഗബുദ്ധി തരും സർവസാധാരണമാണ് ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നത് താത്കാലികമായി ഉണ്ടാവുന്ന വൈരാഗ്യം ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് മരിച്ചു ആ മരണകർമ്മത്തിൽ പങ്കെടുക്കുന്ന ശ്മശാനത്തിൽ നിന്നോട് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് ബോധം കൊണ്ട് ഈ ലോകത്തിനോടുള്ള അവർ ഉറപ്പും ആ ശ്മശാനത്തിൽ നിൽക്കും ഇതെല്ലാം ക്ഷണികമാണ് ഇതെല്ലാം ദിച്ഛമാണ് ഇതിനൊന്നും അപ്പോ മാനസിക സുഖഭോഗങ്ങളോട് താല്പര്യം പക്ഷെ അത് ശ്മശാനത്തിൽ നിൽക്കുന്ന സമയം മാത്രം അവിടെ വന്ന് വിട്ടു കഴിയുമ്പോൾ ആ വിരക്കി നഷ്ടപ്പെടും എന്നാണ് ശ്മശാന വൈരാഗ്യം എന്നത് സാധാരണ മനസ്സിലുണ്ടാകുന്ന വിരക്തി വൈരാഗ്യം വിഷയ കൃഷ്ണയുടെ ശമനം എന്ന് പറയുന്നത് ഈ ശ്മശാന വൈരാഗ്യ രൂപത്തിലാണ് അതിന് കാരണം എന്താണോ ജീവിതത്തിലെ ദുഃഖാനുഭവങ്ങള് നജീകേയസിനെ സംബന്ധിച്ചിടത്തോളം അവന് എല്ലാവിധത്തിലുള്ള പ്രലോഭനങ്ങളും സുഖാനുഭവങ്ങളും വന്നപ്പോഴാണ് വിരക്കി വന്നത് സുഖത്തിൽ വിരക്കി വരും അനുഭവിക്കാതെ ആ പ്രലോഭനങ്ങളിൽ തന്നെ വിവേകം കൊണ്ട് വരും അത് സ്ഥായിയായ സ്ഥിരമായ വൈരാഗ്യത്തിന്റെ ലക്ഷണമാണ് മറ്റത് അസ്ഥിരമായ വൈരാഗ്യത്തിന്റെ ലക്ഷണമാണ് ഈ അസ്ഥിരമായ വൈരാഗ്യത്തോടുകൂടി അതായത് കേവലം എന്തെങ്കിലും ദുഃഖമീതമായിട്ട് സന്യാസത്തിന് ആ വൈരാഗ്യം അതുപോലെ തന്നെ ക്ഷണികമായി ഇത് ഏ സമയം ആ വൈരാഗ്യം നഷ്ടപ്പെട്ടിട്ടാൽ വീണ്ടും ഈ ശിവഭോഗങ്ങളുടെ പിന്നാലെ പോകണം ആ സമയം ഈ പറയുന്ന പ്രലോഭനങ്ങളിൽ ഉണ്ടായിട്ട് അവിടെ വിവേകം കൊണ്ടാണ് ഒരാൾ വിരക്തി സമ്പാദിക്കുന്നത് വിവേകം കൊണ്ട് വിരക്തി സമ്പാദിക്കണമെങ്കിൽ ഈ ഭോഗങ്ങളെയെല്ലാം ത്യജിക്കുന്നതിനുള്ള സ്ഥിരത വേണം സ്ഥിരമായി ത്യജിക്കുന്നതിനുള്ള മാനസിക സന്നദ്ധത വേണം അങ്ങനെയുള്ള വൈരാഗ്യത്തിന് മാത്രമേ നിലവിൽ ബ്രഹ്മചര്യം സന്യാസം പോലെയുള്ള അനുഷ്ഠാനങ്ങളെല്ലാം ശാസനങ്ങളിൽ വിധിച്ചിരിക്കുന്നു സ്ഥിരവൈരാഗ്യം അല്ലെങ്കിൽ പ്രളോഫനങ്ങളിൽ പെടുമ്പോൾ അത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെടുക ഒരാൾ ബ്രഹ്മചര്യം സന്യാസം എന്ന് പറയുന്നതിന് ബാഹ്യമായി ഉപേക്ഷിക്കണമെന്നർത്ഥമില്ല അത്ര അവസരങ്ങളിലൊക്കെ തുടർന്നു കഴിഞ്ഞാലും നിത്യാചാരനായി തുടരേണ്ടി വരും मनसू सत्य पाचिका नजीदेशात संसारण भोगजात अब सर्वप्राप्त उपेक्षित ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഉപേക്ഷിക്കുകയാണ് അത് പ്രാപ്തമാണ് തന്റെ കയ്യിൽ കിട്ടി അതിനോ ഉപേക്ഷിച്ചു അതിനുള്ള ധൃതി വരുന്നതെന്ന് അഹുമ്പൊക്കെ അനുസന ഗുണവസി പറയുന്നു അനുഷ്ഠമായ ഗുണമാണല്ലോ ആശ്ചര്യമാണെന്നുള്ളത് അപ്പോ പരവൈരാഗ്യത്തിന് ഉള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമാണ് അപ്പൊ സാധാരണ ഒരു സാധനം എന്ന് പറയുന്നത് സ്ഥിരമായ സ്ഥൈര്യം ഇല്ലാത്ത ധൃതി ഇല്ലാത്ത വൈരാഗ്യമായിരിക്കും അതെപ്പോൾ സൂക്ഷിക്കേണ്ടതാണ് ഏത് സമയം അത് നഷ്ടപ്പെടാം ഏത് സമയം നഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ എപ്പോഴാണോ അയാളുടെ ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ മാറുന്നത് അപ്പോ അയാളുടെ വൈരാഗ്യം നഷ്ടപ്പെട്ടിരിക്കും അപ്പോ ഒരാളുടെ വൈരാഗ്യം സംരക്ഷിക്കണമെങ്കിൽ പ്രലോഭനങ്ങൾ സാഹചര്യം അനുകൂലമായിരിക്കുന്ന ലഭിക്കും ഒരു സാധാരണ ഒരു സാധനം സംബന്ധിച്ചിടത്തോളം നവീകേശനെ സംബന്ധിച്ച് അങ്ങനെയല്ല വിപരീത സാഹചര്യത്തിൽ ആ വൈരാഗ്യം ഉറക്കിയതും പ്രലോഭനങ്ങളെല്ലാം വന്നു സർവ്വസുഖഭോഗങ്ങളും മുമ്പിൽ വന്നപ്പോൾ വൈരാഗ്യം അതിൽ പൂർണ്ണമായ നിഷ്ഠമാണ് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാതൃകയല്ല അയാളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം അനുകൂലമാണ് അതായത് പ്രലോഭനം ഒന്നും ഇല്ല എന്നുള്ളത് അയാൾ വൈരാഗ്യം സ്ഥിരമായി അതിന് സ്ഥിരതയുണ്ടായി പക്ഷേ സമയമാണോ സാഹചര്യം മാറി പ്രലോഭനങ്ങളെല്ലാം വരുന്ന അപ്പോൾ വൈരാഗ്യം സാധാരണ മനുഷ്യനെ സംബന്ധിച്ചത് എന്ന് പറയുന്നത് യും കിട്ടുന്നത് പ്രയാസമാണ് മനസ്സും അത് ഉണ്ടാവട്ടുണ്ട് ഇവിടെ സൂചിപ്പിക്കുന്ന എന്താണ് ധൃതി കൊണ്ട് വൈരാഗ്യത്തെ നിലനിർത്തണം ധൃതിയെ സമ്പാദിച്ച് എന്നതാണ് അത് ശരിയായ വിവേകവും പൂർവപുണ്യവും ഗുരുക്കന്മാരുടെ അനുഗ്രഹവും കൊണ്ടെങ്കിൽ അത് സാധിക്കട്ടു നൈസിനെ കുറിച്ച് യമൻ തന്നെ പറയുകയാണ് അനിത്തമ ഗുണമാണ് അപൂർവ സാധകനാണ് ഞാനെന്റെ അർത്ഥം ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിക്കുന്നവനായി പരമാത്മാവിനെ ഏവ തന്നെ പരം ഏവ പരമാത്മാവിനെ തന്നെ ആകാംക്ഷ കാക്ഷിക്കുന്നവനായി എന്ന് പറഞ്ഞാൽ മറ്റു സ്വഭോഗങ്ങളെയൊന്നും കാക്ഷിക്കാത്തവനായി അതിസൃഷ്ടവാന സി പൂർണ്ണമായും തേജിച്ചിരിക്കുന്നു നീ സർവം ഏത് സംസാരം ഏത് സംസാരം സർവം സംസാരഭോഗത്തിലെ സർവം നീ ഉത്യജിച്ചിരിക്കുന്നു ഇതെല്ലാം നല്ല പാഠങ്ങളാണ് ഇത്രയും ശ്രേഷ്ഠമായ മാതൃകകളെ കാണിക്കുന്നത് ഈ പറയുന്ന വൈരാഗ്യമത്രം ശ്രേഷ്ഠമായ അവസ്ഥ മനുഷ്യനുണ്ടാവും അതുപോലെയുള്ള അവസ്ഥകളെല്ലാം വിശ്വസിക്കരുത് എന്നാണ് ഒരിക്കലും മനസ്സിന് അതിരുകിടന്ന ആത്മവിശ്വാസം വരാൻ പാടില്ല ഞാൻ വിരക്തനാണ് എന്റെ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞു എന്നൊന്നും തോന്നാൻ പാടില്ല ഒരിക്കലും പരീക്ഷിക്കാൻ പാടില്ല പ്രലോഭനങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ എന്റെ മനസ്സിനെ പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലാതെ ജീവിക്കാൻ പറ്റും അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഒരിക്കലും മനസ്സിന് വിധേയമാക്കാൻ പാടില്ല സന്യാസമാർഗത്തിൽ ബ്രഹ്മജീവി മാർഗത്തിലൊക്കെ സഞ്ചരിക്കുന്ന പ്രത്യേകിച്ച് യുവജനങ്ങൾ ഒരിക്കലും ഇത്തരം പരീക്ഷണങ്ങൾക്കൊന്നും ഒഴുകാൻ പാടില്ല ഒരിക്കലും മനസ്സിന് സ്ഥൈര്യം അങ്ങനെ ഉണ്ടാകാൻ ദുർലഭമാണ് നജികേസിനെ പോലെയുള്ള അപൂർവം കേൾക്കും ഉണ്ടാവും ബാക്കിയുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു മാർഗത്തിൽ സഞ്ചരിക്കാൻ പാടുള്ള ഒരിക്കലും പരീക്ഷിക്കാനും പരീക്ഷിച്ചാൽ പരാതി ഉറപ്പായിരിക്കും ഞാനൊരു സംശയം വേണ്ട അർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു കാമസ്യാപ്തി കാമത്തിന്റെ ജഗത പ്രതിഷ്ഠ ജഗത്തിൻ്റെ ആശ്രയവും കത്തയു ഉപാസനയുടെ ആനന്ദ്യം ഫലം അഭയസി പാരം അഭയത്തിന്റെ പാരം പരവുമായ അവസ്ഥയും സ്ഥനം സ്തുതിക്കപ്പെടേണ്ടുന്നതും അനിയത് ഗുണങ്ങളോടുകൂടിയതും ഒരു ഗായം വിസ്തീർണമായ പ്രാപ്യസ്ഥാനവും പ്രതിഷ്ട്രീ ദൃഷ്ട കണ്ടിട്ടും ധൃത്തി धैर्यतोड़ी धीर विवेकिया नचिकेद नचिकेद अत्युस्राक्षि काम परती देवं ുർദർശം ഗൂഢം അനുപ്രവിഷ്ടം ഗം ഗുഹരേം പുരാണം ഇത്മാനം വേദൊരാത്മാവിനെയാണോ ത്വം ജാതുമിച്ഛസി എനി അറിയാൻ ആഗ്രഹിക്കുന്നത് Anyway ം പറയുന്നതിന് ഈ ചസ്സി ആഗ്രഹിക്കുന്നത് തം ആത്മാവ് എങ്ങനെയുള്ളതാണ് അടുത്ത് പറയുന്നു ദുർ ദർശനം ദുഃഖയുടെ ദർശനമാണ് ഇത് ദുർദർശനമാണ് കഷ്ടപ്പാടോടുകൂടിയാണ് ഇതിനെ കാണേണ്ടത് ഇതിനെ കാണുന്നതിന് എന്താണ് ഇത്ര കഷ്ടപ്പാട് പറയുന്നു അതിസൂക്ഷ്മ അതിസൂക്ഷ്മമാണിത് ജീവൻ ഇതിനെ സാക്ഷാത്കരിക്കേണ്ടത് അവന്റെ അന്ധകരണത്തിന്റെ അതിസൂക്ഷ്മമായ ദൃശ്യരീതി അഗ്രിയാഭുഷ എടുത്ത് പറയും അതിസൂക്ഷ്മമായ അവന്റെ അന്ധകരണ അംശം കൊണ്ടാണ് ഇതിനെ സാക്ഷാത്കരിക്കേണ്ടത് അതിനേക്കാൾ എത്രയോ സൂക്ഷ്മമാണ് ഈ ആത്മവസ്തു അപ്പൊ അസംസ്കൃതമായിരിക്കുന്ന പ്രാകൃതമായിരിക്കുന്ന അന്ധകരണത്തോടു കൂടിയൊരു ജീവനാണ് അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ വസ്തുവിനെ സാക്ഷാത്കരിക്കുക വളരെ ദുഃഖകരമാണ് അതുകഴിഞ്ഞ ദുർദർശ അതിസൂക്ഷ്മത്വത്തം ഗൂഢം അത് ഗഹനമാണ് ഗഹനം എന്ന് പറഞ്ഞാൽ സാധാരണർത്ഥം ആഴമുളർന്ന ഇത് അത്യധികമാഴമുള്ളതാണ് ഇതിന്റെ ആഴം നിറയുന്നതിന്റെ മഹത്വമാണ് അതിമഹത്താണ് ഈ പറയുന്ന ഓരോ വിശേഷങ്ങളെയും ജീവന്റെ ഈ പ്രാകൃതമായ അവസ്ഥയിൽ ജീവൻ അതിലുള്ളതാണ് ജീവന്റെ അവസ്ഥയും പരമാത്മാവിന്റെ അവസ്ഥയും രണ്ട് ഭിന്ന ധ്രുവങ്ങളായിട്ടാണ് ജീവന്റെ വാസ്തവത്തിൽ ഒന്നാണെങ്കിലും ജീവന്റെ ഈ അവസ്ഥ പ്രാകൃതമാണ് പരമാത്മാവാണെങ്കിലും അതിഗഹനമാണ് അതിമഹത്താണ് ഈ പരിച്ഛിന്നായിരിക്കുന്ന ജീവൻ എങ്ങനെയാ പരമാത്മാവിനെ പ്രാപിക്കാൻ കഴിയും എന്നതാണ് അനുപ്രവിഷ്ട്രവിഷ്ടമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയുന്നു പ്രാകൃത വിഷയ വിജ്ഞാനീഹി പ്രച്ഛന്നായിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന ജീവനിൽ സഹജമായിരിക്കുന്ന വിഷയവിജ്ഞാനി വിഷയവിജ്ഞാനങ്ങൾ അതുകൊണ്ട് പ്രച്ഛന്നം മൂടിയിരിക്കുകയാണ് അതായത് മനുഷ്യനിൽ ഈശ്വരൻ എന്ന് പറയുന്ന ദോഹസ്വരൂപമാണ് ജ്ഞാനസ്വരൂപനാണ് ഈശ്വരൻ ജീവനാണെങ്കിലും അലുപ്ത വിജ്ഞാനശക്തി എന്നാണ് പറയുന്നത് ഒരിക്കലും ലുപ്തമാകാത്ത വിജ്ഞാനശക്തിയോടുകൂടിയിരിക്കുന്നവനാണ് ജീവൻ നിരന്തരമായ വിജ്ഞാന ശക്തിയോടുകൂടിയിരിക്കുന്നു പക്ഷെ എന്നാലും ആ ജീവൻ നിരന്തരം വിജ്ഞാന സാന്നിധ്യം ജീവൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാലും അവൻ ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് എന്തുകൊണ്ട് പറയുന്നു വിജ്ഞാനം എന്ന് പറയുന്നത് ദുഷയവിജ്ഞാനായിപ്പോയതുകൊണ്ടാണ് വിഷയവിജ്ഞാന സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ വിജ്ഞാനം തന്നെ ഈശ്വര സ്വരൂപമാണ് എന്നിട്ടും ആ വിജ്ഞാന സാന്നിധ്യം നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നിട്ടും കാരണം വിജ്ഞാനത്തെ ഒരിക്കലും വിസ്മരിക്കാൻ കാരണം വിസ്മരണം പോലും വിജ്ഞാനമാണ് നമ്മളൊന്നിനെ ഓർക്കുന്നു അത് വിജ്ഞാനമാണ് മറക്കുന്നു വിജ്ഞാനമാണ് വിജ്ഞാന വിസ്മരണം ഒരിക്കലും സംഭവിക്കുന്നുണ്ട് പക്ഷെ ആ വിജ്ഞാനം കൊണ്ട് തന്നെ ഇവിടെ പറയുന്നു ആ ജ്ഞാനം തന്നെ ആ ജ്ഞാനസ്വരൂപത്തെ മറത്തിരിക്കുന്നു ജ്ഞാനം തന്നെ ജ്ഞാനസ്വരൂപത്തെ മറയ്ക്കുന്നതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൽ പറയും അജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനാഭാവമല്ല എന്ന് പറയും അജ്ഞാനം ജ്ഞാനാഭാവമല്ല ജ്ഞാനത്തിന്റെ ഇല്ലായ്മ അവിജ്ഞാനം എങ്ങനെയുള്ള വിജ്ഞാനം വിഷയവിജ്ഞാനം അവിജ്ഞാനം വിഷയത്തോട് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ജ്ഞാന സ്ഥിതിക്കുമ്പോൾ ആ ജ്ഞാനത്തിനോടനുബന്ധമായി ശരീരം മനസ്സ് ഈ ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലോകം ലോകത്തിന്റെ വിഷയങ്ങൾ പിന്നെ ആ ലോകത്തിലെ ഓരോ വിഷയങ്ങളെയും ബന്ധപ്പെട്ട ചിന്തകളും ഓർമ്മകളും അതിന്റെ വിഷയങ്ങൾ എങ്ങനെ ജ്ഞാനവും വിജ്ഞാനവും വിഷയവുമായിട്ട് എന്നെ രണ്ടിനും പരസ്പരം ഒരു നൂലില് മണികൾ കൊടുത്തിരിക്കുന്നത് പോലെ ഈ വിജ്ഞാനം ആകുന്ന മൂലം വിഷയങ്ങളാകുന്ന മണികളിങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഒരിക്കലും ആ മണികളിൽ നിന്ന് ഈ വിജ്ഞാനത്തിനെ വേർപെടുത്താൻ കഴിയുന്നില്ല വിഷയാനുബന്ധമായി അപ്പൊ അടുത്ത വിജ്ഞാനസിദ്ധിയാണ് ജീവനെങ്കിലും എപ്പോഴും വിഷയാനുബന്ധമാണ് വിഷയത്തോട് ചേരുന്ന ഞാൻ വിഷയത്തിൽ നിന്ന് വേറൊരു വിജ്ഞാനം നിൽക്കുന്നില്ല അതുകൊണ്ടാണ് വിഷയവിജ്ഞാനി പ്രച്ഛന്നു പറയുന്നത് നിഷേധജ്ഞാനങ്ങളെ കൊണ്ട് പ്രസന്നമായിരുന്നു അതുകൊണ്ട് ജ്ഞാനത്തിന്റെ സാന്നിധ്യം അതിനെ ഒരിക്കലും അവന് നിഷേധിക്കാൻ പറ്റുന്നില്ല ആ ജ്ഞാന സാന്നിധ്യം നിരന്തരമായി ആ ജീവന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും ആ ജ്ഞാന സാന്നിധ്യം അത് ഈശ്വര സാന്നിധ്യമായി അനുഭവപ്പെടുന്നുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുവാനും ഓരോരുടെ മറുപടി ആവും മായ അങ്ങനെയാണ് മായ എന്ന് പറയുന്നത് നിരന്തര സത്തകൾ ഈശ്വര ഉണ്മയും അങ്ങനെ ഈശ്വര പ്രകാശമായിരിക്കുന്ന ആ വിജ്ഞാനസ്വരൂപത്തിൽ ആ വിജ്ഞാന സാന്നിധ്യത്തിൽ അവൽ നിന്നിട്ടും അവനജ്ഞനായിരിക്കുന്നു മോഹിനനായിരിക്കുന്നു ആ ഒരു വൈരുദ്ധ്യത്തെ ഒരിക്കലും തിരുത്തപ്പെടുത്താൻ കഴിയാത്തവർ വൈദ്യുതി നിത്യക്ക് സമാധാനം കണ്ടെത്താൻ പറ്റാത്ത ഒരു വൈദഗ്യം അതിനാണ് മായ എന്ന് പറയുന്നത് അത് മായ അതാണ് വിഷയവിജ്ഞാന ഈ പ്രച്ഛന്നം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈശ്വര സ്വരൂപമായിരിക്കുന്ന ആ തന്നെ അവനെ മറച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈശ്വരന്റെ മായാവി എന്ന് വിളിക്കുന്നത് മായ ആയിരിക്കുന്നതും മായാവിയായിരിക്കുന്ന ഒരാളില് അത് അനർവചനീയം എന്നാണ് പറയുന്നത് അദ്ദേഹം പറയും അനരൂപചനീയം ഇതൊന്നും നിർവഹിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു നിർവഹിക്കാൻ പറ്റുന്നില്ല ഈശ്വര സ്വരൂപിയായിരുന്നു തന്നെ ഈശ്വരനെ വിസ്മരിക്കുന്നത് ജ്ഞാനസ്വരൂപനായിരുന്നു കൊണ്ട് തന്നെ അജ്ഞനായിരിക്കുന്നു അത് പറയാൻ പറ്റും പ്രാകൃത വിഷയ ഹി ഒരു യുക്തിയുദ്ധമായൊരു സമാധാനം ഇനി പറയാനില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്ദ്രജാനം എന്ന് പറയുന്നത് ഇന്ദ്രജാനം എന്താ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് യുക്തിയില്ല അങ്ങനെ സംഭവിക്കുന്ന ഒന്ന് മാത്രം നിരന്തരമായി വിഷയം ഈ ജ്ഞാനത്തോട് ചേറും എപ്പോഴും അങ്ങോണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ജ്ഞാനത്തിന്റെ അതിന്റെ തനതാ സ്വരൂപത്തിൽ ഒരു അതിന്റെ സാന്നിധ്യമാണ് ഉൾപ്പെടെ നിരന്തരം ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടേണ്ട സ്ഥാനത്തും അനുഭവപ്പെടേണ്ട പ്രക്ഷന്നമായിരിക്കുന്നു ഗുഹാഹിതം ഗുഹാഹിതം പറയുന്നത് ഗുഹായ ബുദ്ധവും വംശത്തിൽ ഗുഹ എന്നുള്ള ശബ്ദം വരുന്നതെല്ലാം ബുദ്ധി ഉദ്ദേശിച്ചാണെന്ന് ആണ് അദ്വീതത്തിൽ വ്യാഖ്യാനിക്കുന്നു ദ്വീപരമായ വ്യാഖ്യാനം ഇവിടെ ഗുഹാ ശബ്ദം വരുന്നത് അതെല്ലാം ബുദ്ധി എന്നെ നടത്തുന്നു ഗുഹയിൽ ബുദ്ധി ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ധകർമ്മം നടക്കും നമ്മുടെ അന്ധകർമ്മത്തിൽ അത് നിഹിതം സ്ഥിതം സർവവ്യാപിയായിരിക്കുന്ന പരമാത്മാവ് ബുദ്ധിയിലിരിക്കുന്നു എന്ന് പറയുന്നു എന്നാണ് അടുത്ത സമാധാനം പറയുന്നത് തത്ര ഉപലബ്യമായത്വ അത് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇതിന്റെ പരിപൂർണ സാന്നിധ്യം അനുഭവപ്പെടുമെങ്കിൽ അത് ആ അന്ധക്കരണത്തിലായിരിക്കും ഇത് സാന്നിധ്യം തത്ര ഉപലഭ്യമാണ് അവിടെ പൂർണ്ണമായി ഉപലബ്ധ്യമാകും തത്ര എന്നാണ് അത് തന്റെ മിസ്റ്റേക്കത്ര ഉപലഭ്യമാണ് ത്വാം അവിടെയാണ് അത് പറയുന്നത് ചിത്തശുദ്ധി അന്ധക്കരണശുദ്ധിയിലാണ് പറയുന്നത് ഈശ്വര സാന്നിധ്യ ശുദ്ധിയുള്ളിടത്തേ ഉണ്ടാവത്തുള്ളൂ ചിത്രശുദ്ധി എന്ന് പറയുന്നത് എന്തിന് ശുദ്ധിയുള്ളിടത്തേ അത് പ്രകാശിക്കത്തുള്ളൂ അപ്പൊ ആ ബുദ്ധിയിലൂടെ വേണം അത് പ്രകാശിക്കേണ്ടത് അപൂർണമായി ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പ്രച്ഛന്നമായിട്ട് ആ ആഭരണങ്ങളെല്ലാം നീക്കി അത് അവിടെ ശുദ്ധമാകുന്നു സുദ്ധമാകുമ്പോൾ അത് സ്വയം പ്രകാശിക്കുന്നു പ്രകാശിപ്പിക്കാൻ ഒക്കെ സാക്ഷാത്കരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ആലങ്കാരിക ഭാഷകളാണ് ഒരിക്കലും അതിനെ സാക്ഷാത്കരിക്കാനൊക്കത്തില്ല ആർക്കും അതിനെ അനുഭവ വേദ്യമാക്കാനൊക്കത്തില്ല അനുഭവ സ്വരൂപമാണ് സാക്ഷാത്കാര സ്വരൂപമാണ് അതുകൊണ്ടാണ് അവരോക്ഷാത്മാ എന്ന് പറയുന്നത് അവരോക്ഷ സ്വരൂപമാണ് അതുകൊണ്ട് അതിനെ മറ്റൊരാൾക്ക് പോയി സാക്ഷാത്കരിക്കാനൊക്കത്തില്ല ഈശ്വരനെ സാക്ഷാത്കരിച്ചാണെന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പറയുന്ന ചില ഇവിടെ തന്നെ അതിന് ശരി സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞ് ഒരാൾ തന്റെ പ്രയത്നം കൊണ്ട് അന്യമായ ഒരു വസ്തുവിനെ പ്രത്യക്ഷമാക്കുന്നു എന്ന് വരും അപ്പൊ അത് സാക്ഷാത്കരിക്കാനുള്ള കാര്യമേയല്ല എന്തുകൊണ്ടത് സാക്ഷാത്കാര സ്വരൂപമായിരിക്കുന്നു സ്വയം പ്രകാശ സ്വരൂപമായിരിക്കുന്ന ഒരു വസ്തുവിനെ എങ്ങനെയൊരാൾ പ്രകാശിപ്പിക്കാൻ പറ്റും അതൊരിക്കലും കണ്ടെത്താൻ പറ്റില്ല കാരണം അത് സ്വയം കാണലാണ് അതിനെ അങ്ങനെ കണ്ടെത്താൻ പറ്റും അതൊരു കാഴ്ചയാണ് കാച്ചയാണെങ്കിൽ അതിനെ കണ്ടെത്താൻ പറ്റും അപ്പൊ അത് സാക്ഷാത്കരിക്കാൻ പറ്റും എല്ലാം പറയുന്നു അതിനെ സാക്ഷാത്കരിക്കുന്നു സാക്ഷാത്കരിച്ചവരെന്നൊക്കെ പറയും ഗഹ്വരേഷ്ഠം ഗഹ്വരി വിഷമി ഗഹ്വരം വിഷമം എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നു അനേക അനർത്ഥ സംഘടി അനേക അനർത്ഥ സങ്കടങ്ങളിൽ അനേക അനർത്ഥങ്ങൾ ആകുന്ന സങ്കടം അനേക അനർത്ഥങ്ങളാവുന്ന സങ്കടങ്ങളിൽ എവിടെയിരിക്കുന്നു ഈ അന്ധക്കരണത്തിൽ തന്നെയാണ് സർവാനർത്ഥങ്ങളിരിക്കുന്നു അന്ധകരണത്തിൽ സർവാനർത്ഥങ്ങൾ ഇരിക്കുന്നു എങ്ങനെ ധർമാധർമ്മ രൂപത്തിൽ പുണ്യപാപരൂപത്തിലിരിക്കുന്നു സാധന സംബന്ധിച്ചിടത്തോളം രണ്ടും അലരസമാണ് പുണ്യവും അല്ലരസമാണ് പാവവും അല്ല എന്തുകൊണ്ട് രണ്ടും ജന്മത്തിന് കാരണമാണ് പുണ്യവും ജന്മത്തിന് കാരണമാവും പാവവും ജന്മത്തിന് കാരണമാവും ജന്മം എന്ന് കഴിഞ്ഞാൽ അവിടെ ജീവിതം വരും മരണം വരും എന്ന് വെച്ചാൽ ഈ ജീവിത ചക്രത്തിന് അവസാനം വരുന്നില്ല അദ്വൈതത്തിന് വരും സംസാര സങ്കടം എന്നെല്ലാം പറയുന്നത് ദുഃഖം എന്നെല്ലാം പറയുന്നത് ഒരാൾ ജീവിച്ചിട്ട് ആ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതല്ല അതിന് ഗൗണമായ ദുഃഖം എന്ന് പറയുന്നത് അവർ ദുഃഖമായിട്ട് ഇവിടെ കണക്കാക്കുന്നേ അയാൾക്ക് ദാരിദ്ര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കുന്ന ഇവിടെ ദുഃഖമല്ല അതൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദുഃഖങ്ങളുണ്ടല്ലെന്നാണ് പറയുന്നു പക്ഷെ ആധ്യാത്മികമായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളൊന്നും ഇവിടെ ഒരു ദുഃഖമല്ല ഇവിടെ ദുഃഖം എന്ന് പറയുന്നത് എന്താണ് ജനനം മരണം എന്ന് പറയുന്ന ഈ ചക്രം അവസാനിക്കാതിരിക്കുന്നതാണ് ദുഃഖം ഇതിന് അറുതി വരാത്തതാണ് ദുഃഖം എന്ന് പറയുന്നത് നീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുക അതാണ് ദുഃഖം ആ ജനിച്ചതിന് ശേഷം ഒരാള് സുഖിച്ചാലും ദുഃഖിച്ചാലും രണ്ട് ഗുരുപരുന്നത് അതുകൊണ്ടാണ് ദേവനായി ജനിച്ചാലും മനുഷ്യനായും ജനിച്ചാലും എല്ലാ ഗുരുപോലെയാണെന്ന് പറയുന്നത് കാരണം ദേവനായി ജനിച്ച പിന്നെ അവിടെ ഇതുപോലെ ദുഃഖമില്ലല്ലോ പക്ഷെ എല്ലാ സംസാരമാണ് അങ്ങനെ സംസാര ദുഃഖം എന്ന് അവിടെ പറയുന്നു അപ്പൊ ദേവജന്മത്തിൽ എന്താ ദുഃഖം എന്ന് പറയാൻ കാരണം കാരണം ദുഃഖം എന്താ ജനിച്ചതിന് ശേഷം ദുഃഖങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ സാധാരണ മാറത്തുണ്ടല്ലോ ഈ നരകത്തീന്ന് തന്നെ അവിടെ നരകമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അവിടത്തെ ഈ ദുഃഖങ്ങളെയാണ് പക്ഷെ ഇതല്ല നരകം പറയുന്നത് ദേവജന്മം കിട്ടിയാലും അതും മരകം തന്നെ എന്തുകൊണ്ട് ജനിക്കുന്നതാണ് ദുഃഖം ഇതും മരിക്കുന്നു അപ്പം വീണ്ടും ജനിക്കേണ്ടി വരും അനന്തമായ സംസാരഗതി ജനന മരണഗതി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഈ സംസാര ചക്രത്തെയാണ് ഇവിടെ ദുഃഖം എന്ന് പറയുന്നത് ആ ജനനത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളെയല്ല കാരണം ആ ജനനത്തിൽ സുഖം അനുഭവിച്ചാലും ഇവിടെ ദുഃഖം തന്നെ അതാണ് വിവേകം അതുകൊണ്ടാണ് ദേവജന്മം കിട്ടിയാലും ഇവിടെ സംസാരം സംസാരത്തിന് അന്തർഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് അനേക അനർത്ഥ സങ്കടങ്ങൾ എന്ന് പറയുന്നതാണ് ഈ അനേക ജന്മങ്ങൾ ആ അനേക ജന്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന പുണ്യപാപങ്ങൾ അന്ധക്കരണത്തിലിരുന്നു ആ പുണ്യപാപങ്ങൾക്കനുസരിച്ച് അനേക ജന്മങ്ങൾ സ്വീകരിക്കേണ്ടി വരും ഉറപ്പാണ് ഇങ്ങനെ അനന്തമായി തോന്നുന്നു ഇതിന് അവസാനം വരത്തില്ല അനന്തമായി തുടർന്നു കൊണ്ടേരിക്കുന്നു ജീവൻ ഇങ്ങനെ ഭ്രമിച്ച് ധരിച്ചു അങ്ങനെ സ്ഥിതി ചെയ്യുന്നു ആ സങ്കടത്തിൽ തിഷ്ഠ സ്ഥിതി ചെയ്യുന്നു ഇത് ഗത്തൂരെ ഇഷ്ടം മരണങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു കാരണം പുണ്യപാപം അത് ജീവിതത്തിൽ സുഖം തന്നാലും രണ്ടും ഇവിടെ ഒരു ആത്മീയ സാധനം സംബന്ധിച്ചിടത്തോളം അകർക്ക സങ്കടമാണ് രണ്ട് ദൈവജന്മമായാലും മനുഷ്യജന്മമായാലും തിരി ജന്മമായാലും ദൈവം ഇപ്രകാരമായതുകൊണ്ട് ഗൂഢം അണുപ്രവിഷ്ഠവും ഗുഹാഹിത ഇത് ഗൂഢമായിരിക്കുന്നു അണുപ്രവിഷ്ഠമായിരിക്കുന്നു ഗുഹാഹിതമായിരിക്കുന്നു അതോ അസവും ബഹുപുരേഷ്ഠ അതുകൊണ്ട് തന്നെ ഇത് ബഹ്വരേഷ്ഠമായിരിക്കുന്നു അതോ ദുർദർശ ഇതെല്ലാം ഇത് ദുർദർശനം എന്ന് പറഞ്ഞാൽ ഹേതുക്കൾ പറയണം കാരണങ്ങൾ പറയുക ഇതിനങ്ങോട്ട് ദർശിക്കാൻ കഴിയില്ലല്ല ഇതിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കഴിയും ആത്മ സാന്നിധ്യത്തെ ആർക്കും അനുഭവപ്പെടുന്നുണ്ട് എല്ലാവർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശരീര സാന്നിധ്യം ലോക സാന്നിധ്യം മനസ്സിന്റെ സാന്നിധ്യം അതിലുഖുഖങ്ങളുടെ സാന്നിധ്യം മാനാപമാനങ്ങളുടെ സാന്നിധ്യം ജൈവരാജയങ്ങളുടെ സാന്നിധ്യം അങ്ങനെ ഒരുപാട് സാന്നിധ്യം നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആത്മ സാന്നിധ്യം ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ടുകൂടെ പറഞ്ഞത് ദുർദർശാണം ഒരു പുരാതനമാണ് അധ്യാത്മയോഗാധിഗമേന അധ്യാത്മയോഗം കൊണ്ട് അതിനെന്താ ഒരു ഉപായം ഇത് ക്ലിഷ്ടമാണ് അസാധ്യമാണെന്ന് പറയുന്നുണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായമാകുന്നില്ലല്ലോ ഇവിടെ പറഞ്ഞ് ഭീതിപ്പെടുത്തിയതുകൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ലല്ലോ അങ്ങനെയുള്ള ഉപായം പറയുകയാണ് അധ്യാത്മയോഗ എന്താണെന്ന് വിശദീകരിക്കുന്നു സമാധാനം പ്രതിസംഭർ വിഷയങ്ങളിൽ നിന്നും പിൻവലിച്ചിട്ട് ചെയ്തസഹ മനസ്സിനെ ആത്മനി ആത്മാവിനും സമാധാനം ഏകാഗ്രപ്പെടുത്തുക ഇതാണ് അധ്യാമയോഗം വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് ആ മനസ്സിനെ ആത്മാവിനെ ആകരപ്പെടുത്തുക പക്ഷ ഇങ്ങനെയാണ് അധ്യാത്മ യോഗം എന്ന് പറയുന്നത് അധ്യാത്മയോഗ അധികമം അത്തരമുള്ള ഒരു യോഗത്തിന്റെ പ്രാപ്തി ഒരാൾക്കത് കരകതമാകുക ഈ ഒരു കാര്യം ഈ ഒരു അഭ്യാസം മനസ്സിനെ ിൽ നിന്നും പിൻവലിച്ച് ആത്മാവിനെ ഉറപ്പിക്കുക ഇതാണ് യോഗം എന്നോട് പറയുന്നത് ആധ്യാത്മ യോഗം ഇതിനെ നേടിയിട്ട് പെട്ടെന്ന് യോഗ ജഗനാണ് മനസ്സിന് വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആത്മാവിനെ ഉറപ്പിക്കുന്നത് എല്ലാവരും അന്വേഷിക്കുന്നതിനുള്ള എളുപ്പവെന്താണ് പെട്ടെന്ന് എങ്ങനെ സാധിക്കാൻ പറ്റും മനസ്സിന് വിഷയങ്ങളൊന്നും ഉറപ്പ് പിൻവലിച്ച ആത്മാവിനെ ഉറപ്പിക്കുന്നു ഈ ജഗത്തിന് അനുകൂലിക്കാണെങ്കിൽ എപ്പോഴും ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു ഇതാവസ്ഥ അവർക്ക് മുമ്പ് പറയുന്നത് എന്താണ് ആത്മാവെന്നുള്ളതാണ് താമസ്യ ആദ്യം ജഗതപ്രതിഷ്ഠരനന്തി എന്നിങ്ങനെ ഒരേ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഇതെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് ആത്മാവിന്റെ സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം പറയും മനസ്സിനെ പിൻവലിച്ച് ആത്മാവ് ഉറപ്പിക്ക ഈ രണ്ടു നിന്നെന്താണ് ബന്ധം അപ്പൊ ഈ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ഒരാൾ മനസ്സിലാക്കിയതിനു ശേഷം അയാൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി ഈ ആത്മാവിന്റെ സ്വരൂപത്തെ വിസ്മരിക്കാതെ അല്ലെങ്കിൽ അതിനെ ഓർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ തത്വത്തെ ഉള്ളിൽ ഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അധ്യാത്മയോഗാധികമാണ് അധ്യാത്മയോഗ പ്രാപ്തിയാണ് സർവപ്രവൃത്തിയ ജപവും ധ്യാനവും മറ്റു പ്രവൃത്തികളും സർവവും താൻ ചെയ്യുന്ന സർവപ്രവൃത്തികളും അധ്യാത്മയോഗമാണ് എന്നുള്ള ബോധാപന് വേണം എല്ലാ തന്റെ ജീവിതത്തിലും അധ്യാത്മിക അരമണിക്കൂർ മാറ്റിവെക്കുന്നത് അധ്യാത്മിക അരമണിക്കൂർ അധ്യാത്മിക ബാക്കിയുള്ള സമയം അപ്പൊ നമ്മൾ വേറെ ബാക്കിയുള്ള സമയങ്ങളെല്ലാം വേറെ പ്രവർത്തി എനിക്ക് പ്രാർത്ഥിക്കാൻ ധ്യാനിക്കരമണിക്കൂറെ കിട്ടുന്നുണ്ട് ബാക്കിയുള്ള സമയമൊക്കെ പ്രവൃത്തിയാണ് അതൊരു പരാതി പറയുന്നു ആശ്രമം ധ്യാനിക്കാസാണ് അപ്പൊ പ്രവൃത്തി ഇയാളെ സംബന്ധിച്ചിടത്തോളം ധ്യാനമല്ല നമ്മളറിയപ്പെട്ടാണ് തനിക്ക് വേണ്ടി ചെയ്യുന്ന മറ്റുള്ളവർ ചെയ്യുന്ന അല്ലെങ്കിൽ ചാപ്പാടിന് വേണ്ടി ചെയ്യുന്നു ആഹാരത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് അപ്പൊ സർവപ്രവൃത്തി അധ്യാത്മ യോഗമായി വരുമ്പോഴേ ശരിയായിട്ടുള്ള ഒരു ആത്മീയ സാധനം അല്ലെങ്കിൽ കർമ്മയോഗം എന്നൊക്കെ പറയുന്നതിന് അർത്ഥമില്ലാതെ കഥയേറിയാതെ ആട്ടം കാണും സാധുക്കളെന്ന് പറയേണ്ടി ജീവിതത്തിൽ അയാൾക്ക് അയാളുടെ സർവപ്രവൃത്തിയുടെയും വികാരങ്ങളുടെയും വാക്കിന്റെയും എല്ലാം അതിനെല്ലാം ഉള്ള ഒരു അന്തചോദന എന്ന് പറയുന്നതേയും ആത്മ തത്വം അതിനെക്കുറിച്ചുള്ള ബോധം അതിനെക്കുറിച്ചുള്ള സ്മരണ ഇതൊക്കെയാണെങ്കിൽ അയാളുടെ മനസ്സ് നിരന്തരം വിഷയങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും പിൻവലിഞ്ഞ് ആത്മാവിഞ്ഞ് പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ ബാക്കിയുള്ള ഇതൊന്നും അരമണിക്കൂറും ധ്യാനിച്ച് വെച്ചിരുന്നു അത് വേണ്ടമല്ല അതും ആവശ്യമാണ് പക്ഷെ ബാക്കിയുള്ള സമയത്ത് നമ്മള് സ്വയം തന്നെ ചതിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ സമയം ധ്യാനിക്കാൻ സമയം കിട്ടുന്നില്ല ജപിക്കാൻ സമയം കിട്ടുന്നില്ല സാധനം ശരിയാണെന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ താഴുന്നതുവരെ അങ്ങനെ പരിഹാരം പറഞ്ഞ് ജീവിക്കും അത്ര അവർക്കാലം പറയൂ ഒന്നും ചെയ്യാൻ സമയം കിട്ടി ആശ്രമത്തിൽ വന്നു ഗുരുവിന്റെ സന്നിധിയിൽ ജീവിക്കും പക്ഷെ ഒന്നിനും സമയം കിട്ടി മറ്റ് പ്രവർത്തികൾ ആണ് മറ്റ് പ്രവർത്തികരോഗം വരുന്നത് എന്നാൽ പറയുന്നതിന്റെ ചുരുക്കം എന്താണ് ഈ മനസ്സിനെ പിൻവലിച്ച് ആത്മാവിനെ ഉറപ്പിക്കുക എന്ന് പറയുന്നത് ഈശ്വരസ്മരണം അപ്പൊ പറയുന്നത് സർവ്വദേശത്തും മാത്രമല്ല സർവ്വകാലത്തിലുമുണ്ട് ഭൂതം വർത്തമാന ഭാവി അതാണ് കാലദേശ വസ്തു അപരിച്ഛനായിരിക്കുന്നു അപ്പൊ രാവിലെ അരമണിക്കൂർ ഗണദാസമ ജപിക്കുമ്പോൾ മാത്രം ഈശ്വരനെ സ്മരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ഈശ്വരനെ നമ്മൾ പരിച്ഛിന്നനാക്കിയാണ് ആ കാലത്ത് മാത്രമേ നമുക്ക് ഈശ്വരനോ അരമണിക്കൂർ ബാക്കിയുള്ള സമയങ്ങളൊന്നും ഈശ്വരനില്ല കാലം കൊണ്ട് അപരിച്ഛന്നനായിരിക്കുന്ന ഈശ്വരനെ നമ്മൾ എന്ത് ചെയ്യുന്നു അരമണിക്കൂർ പരിഛച്ഛന്നനും അതാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം കൊണ്ട് നമ്മൾ നേടുന്ന മഹത്തായ കാര്യം അത് പോരല്ലോ ഇവിടെ പറയുന്നത് എന്താണ് കാലപരിച്ഛിന്നനാണ് അപ്പൊന്ന് പറയുന്നത് കുറഞ്ഞ വർഷം ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഈശ്വരൻ ആ കാലത്തെങ്കിലും വേണം അപ്പൊ സദാസമയം ഈശ്വരനെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തണം സർവ പ്രവർത്തികരണം ഒരു തരത്തിലുണ്ടെങ്കിൽ വേറെ തരത്തിൽ അതായത് ആ ഈശ്വര ബോധം ആ ധാരണ അവന്റെ പ്രവൃത്തിയെ ബാഹ്യമായെങ്കിലും സദാ സ്വാധീനിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഈശ്വരനെ സ്മരിക്കാന്ന് തുടങ്ങാൻ പറയും ഒരു പ്രവൃത്തി ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കും അതെങ്ങനെ ഈശ്വരനെ സ്മരിക്കാൻ പറ്റും അപ്പോൾ പ്രവൃത്തി ശ്രദ്ധിക്കുമ്പോ ഈശ്വരനെ മറന്നുപോകുന്നു അപ്പൊ പ്രവൃത്തിയെ ശ്രദ്ധിക്കുന്നു അവിടെ ഈശ്വരനെ സ്മരിക്കുന്നില്ല മരിക്കുന്നു കാരണം ഈശ്വരന്റെ സ്വരൂപം എന്ന് പറയുന്നത് എല്ലാ നന്മയുടെയും സ്വരൂപമാണ് അപ്പോ ഈശ്വരൻ സത്യസ്വരൂപനാണെന്ന് അറിയുന്നത് ഈശ്വരൻ സത്യസ്വരൂപനാണെന്ന് അറിയുന്ന ഒരുവന് ഈശ്വരനെപ്പോഴാണ് മറന്നുപോകുന്നത് ഈശ്വരനെ മറക്കുന്ന ഏത് സമയത്തായിരിക്കും കള്ളാൻ പറയുമ്പോഴേക്കും അപ്പൊ മാത്രമേ ഈശ്വരനെ മറക്കത്തോ അപ്പൊ അയാളെ കഥം പറയാതെ അയാൾ സത്യ സത്യസന്ധനെ പിന്നെ ജീവിക്കണമെങ്കിൽ ഈശ്വരനെ മറക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അയാൾ ഈശ്വരനെ ഓർക്കേണ്ട കാര്യമില്ല ഈശ്വരൻ സത്യൻ സന്ധനാണെന്ന് ഓർക്കേണ്ട കാര്യം ഈശ്വരൻ ധർമ്മ സ്വരൂപനാണെന്ന് വിചാരിക്കുന്നു ധർമ്മമാണ് ഈശ്വരൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളിൽ എപ്പോഴാണോ അധർമ്മം വരുമ്പോഴെപ്പോഴേ ഈശ്വരനെ മറക്കുന്നത് അയാൾ ധർമ്മത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ അയാൾക്ക് ഈശ്വരനെ പ്രത്യേകിച്ച് കൽപ്പിച്ച് ഈശ്വരനെ സ്മരിക്കേണ്ടായിരുന്നില്ല നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഈശ്വരനെ ഒരിക്കലും ഒരു വിഷയമാക്കേണ്ടി വരുന്നില്ല അങ്ങനെ ജീവിതത്തിന് ഏത് സന്ദർഭം കെടുത്താലും ശരി ആ ജീവിതത്തിലെ മൂല്യങ്ങളോട് എപ്പോഴാണോ ഒരു ജീവൻ ചേർന്ന് നിൽക്കുന്നത് അപ്പോഴാണ് ഈശ്വരനെ വിസ്മരിക്കുന്നില്ല അല്ല വിഷയങ്ങളെപ്പോലെ ഈശ്വരനെപ്പോഴും നമ്മൾ ഓർമ്മിച്ചെടുത്ത് മനസ്സ് സൂക്ഷിക്കേണ്ട ഒരു വസ്തുവല്ല അതല്ല അതുകൊണ്ട് ആധ്യാത്മിക നമ്മൾ വളരെ സമഗ്രമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അത് ധ്യാനിച്ചാലും ധ്യാനിച്ചില്ലെങ്കിലും സാർത്ഥിച്ചാലും ജപിച്ചാലും ജപിച്ചില്ലെങ്കിലും ഏത് സമയമാണ് അധ്യാത്മ യോഗത്തിൽ ഒരാൾ വർദ്ധിക്കാൻ കഴിയും എന്നർത്ഥം വിശേഷിച്ചൊരാൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ മറ്റ് പ്രവൃത്തികളെല്ലാം കുറേ സമയം അതിനുവേണ്ടി ജപിക്കുക ധ്യാനിക്കുകയോ ചെയ്താലും യോഗം തന്നെ പക്ഷെ മാത്രമല്ല അതിന് വിപുലമായൊരർത്ഥത്തിലാണത് പ്രയോഗിക്കുന്നത് നമ്മൾ ഗീതയും മറ്റും ചർച്ചയിൽ അവരും അവിടെ വ്യക്തമായിട്ട് ശ്വസൻ എന്നിങ്ങനെ പറയും ഏത് ശ്രമവും ആ ഈശ്വരന്റെ സാന്നിധ്യം ഒരാൾക്ക് അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം അതാണ് ശരിയായിട്ടുള്ള സാധന തീനമത്വാ ദൈവം അങ്ങനെ ഈശ്വരനെ അറിഞ്ഞിട്ട് അധ്യാത്മ യോഗം കൊണ്ട് ഈശ്വരനെ മത്വ അറിഞ്ഞിട്ട് ദേവം ആത്മാനും ആ ഈശ്വരൻ അല്ല തന്റെ സ്വരൂപം തന്നെ അങ്ങനെയുള്ള ദേവനെ അറിഞ്ഞിട്ട് ധീരഹ ബുദ്ധിമാനായവൻ ഇതിനെല്ലാം വിവേകം വേണം ഹർഷശോകു ഹർഷശ്ലോകങ്ങൾ എന്താണ് ആത്മന ഉത്കർഷാപകർഷാദി ഹർഷശ്ലോകങ്ങളെ അവന് തിരികാൻ കഴിയുന്നു എന്തുകൊണ്ട് അവൻത്തിന്റെ ആത്മനഹ തനിക്ക് ഉത്കർഷം ഉയർച്ച അപകർഷം താഴ്ച അഭാവം അത് രണ്ടുമില്ല ഉത്കർഷം ഹർഷത്തിനും അപകർഷം സുരക്ഷത്തിനും കാരണമാണ് ഇവിടെ അധ്യാത്മ യോഗമാണ് അവൻ അവന് ഉയർച്ചയും താഴ്ചയും ഇല്ല സമാവസ്ഥയാണ് സമത്വം യോഗിച്ചിരി ആ സമത്വ യോഗത്തിൽ അവൻ എത്തിച്ചേരുന്നു അവൻ സുഖ ദുഃഖങ്ങളെല്ലാം വിടുന്നു ഇവിടെ തന്നെ ആ സാധകനായിരിക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നു ജഹാദി എന്നെ ഉപേക്ഷിക്കുന്നു എന്നാണ് ഹർഷശോകങ്ങൾ അങ്ങനെ ആ ഒരു ഉപായത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അധ്യാത്മ ഫലവും പറഞ്ഞുകൊണ്ടാണ് ഹർഷശോകങ്ങൾ ഉപേക്ഷിക്കുക ഏത് വേണ്ടി വേണം ആധ്യാത്മികതാന്ന് പറയുന്നത് അതുകൊണ്ട് കുറെ കാലം ബന്ധനസ്ഥനായിരുന്ന സാധനങ്ങളൊക്കെ അനുഷ്ഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ കുറെ കാലം മുക്തനായിരുന്നു സ്ഥിതിക്കാനുള്ളതല്ല അതുകൊണ്ട് എന്റെ സാധനങ്ങളെ കുറിച്ച് പറയും അയാൾ മുക്തനാണെന്ന് പറയും പക്ഷെ അത് വാസനാന്നിതമാണല്ലോ മോക്ഷവും മോചനാണെന്ന് പറയും ജീവിതത്തിൽ പറയുന്നത് മോക്ഷവും മുത്തനെന്നു പറയുന്നത് അതാണ് മോക്ഷിക്കുവാണെങ്കിൽ അയാൾ മുക്തനായി കഴിഞ്ഞാൽ പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുക്തനാകുന്നേക്കാം മോഷിച്ചു ആകുമ്പോഴത്തേനായ മുക്തനായി മോഷിച്ചു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ശരിയായ സാധന മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അയാൾ ഹർഷശ്ലോകങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് മുക്തനായി തന്നെ ഇരിക്കുന്നു വാസന ബലം കൊണ്ടെന്തെങ്കിലും ചെലപ്പായ ഹർഷശ്ലോകങ്ങൾക്ക് അയാൾ പ്രത്യക്ഷപ്പെട്ടാണ് അത് ഒരിക്കലും അതിന് അനുഭവപ്പെടുന്നില്ല മുക്തനായി തന്നെ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ാണ് ധീര വിവേകി ഹർഷോകങ്ങൾ ജഹാദി ത്യജിക്കുന്നു ഭാവിയിൽ തിരിച്ചെന്നല്ല തിരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഒരു സാധകൻ തന്നെ ഹർഷശങ്ങൾ തെളിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മുക്തന്റെ കാര്യം പറയാൻ നിന്നല്ലോ എന്നാണ് അതിന്റെ അർത്ഥം പരമാത്മാവ് ദുർദർശനം പ്രയാസപ്പെട്ട് സാക്ഷാത്കരിക്കേണ്ടതാണ് ഗൂഢം മഹത്താണ് അണുപ്രവിഷ്ഠം പ്രച്ഛന്നമാണ് വിഷയവിജ്ഞാനങ്ങളാൽ പ്രച്ഛന്നമാണ് പൊതിഞ്ഞിരിക്കുന്നതാണ് ഗുഹാഹിതം ഹിതമാണ് ഗുഹാഹിതം എന്നല്ല ഗുഹാഹിതം ഗുഹഹിതം അങ്ങനെ പറയണം ചെയ്യും ഗുഹാഹിതം നിഹിതം ഗുഹ ആഹിതം അങ്ങനെ ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഗഹവരേഷ്ഠം അനർത്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ് പറഞ്ഞത് പുരാതനം പുരാതനമാണ് അനർത്ഥങ്ങളിൽ സ്ഥിതിയും അനർത്ഥ സങ്കടയിൽ തിഷ്ടീ എന്ന് പറഞ്ഞു അനേക അനർത്ഥ സങ്കടങ്ങൾ പുണ്യഭാവരൂപത്തിലുള്ള അനർത്ഥങ്ങളിൽ പെട്ടിരിക്കുന്നതാണ് ആത്മാവ് ഇഷ്ടം നമ്മുടെ അന്ധക്കണത്തിൽ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞു അവിടെ വന്ന ഈ അനംസങ്ങളല്ലായിരിക്കുന്നു സംസാരത്തിൽ പെട്ടിരിക്കുന്നു പറയുന്നു ജനനമർണങ്ങളിൽ പെട്ടിരിക്കുന്നു പറയുന്നു ആർക്കാ സംഭവിച്ചിരിക്കുന്നു പരമാത്മാവിനെ ഈ ജീവഭാവം വന്ന് അനർത്ഥത്തിൽപ്പെട്ടിരിക്കുന്നു പരമാർത്ഥത്തിൽപ്പെടുന്നില്ല എന്നാലും നമ്മുടെ അനുഭവത്തിൽ വ്യവഹാരികമായി അതിപ്പെട്ടിരിക്കുന്നുള്ളർ എന്നാ പരമാർത്ഥത്തിന് അനർത്ഥം വരുന്നു എന്നല്ല അനർത്ഥ ഭ്രമത്തിൽ കഴിയുന്നു എന്നുള്ളത്ഥത്തിൽ പറയുന്നത് പുരാണം പുരാതനം ദേവം അങ്ങനെയുള്ള ആത്മാവിനെ അധ്യാത്മയോഗാധിതന അധ്യാത്മയോഗപ്രാപ്തിയിലൂടെ അധ്യാത്മയോഗത്തെ നേടിയിട്ട് മത്വ സാക്ഷാത്കരിച്ചിട്ട് ധീരഹ വിവേകി ഹർഷസോപോജാദി ഹർഷസോഗങ്ങളെ പരിത്തിരിക്കുന്നു